സത്യനിഷേധികൾ വിശ്വസിച്ചവരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ വഴി പിന്തുടരുക നിങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ചുമലിലേറ്റാം എന്നാൽ അവരുടെ പാപങ്ങളിൽ നിന്ന് ഒന്നുപോലും അവർ ചുമലിലേറ്റുകയില്ല തീർച്ചയായും അവർ കളവു പറയുന്നവരാണ്